ൂത്രഭാഷ്യതൗ വേ ഭഗവത സദാശിവസമാരംഭം ശങ്കചാര്യമ്യമാചാര്യപര്യതം വന്ദേ ഗുരുപരം ാണ് ഇത്തവണത്തോടെ ഞാൻ പോകുന്നത് കരിഞ്ഞതോണം നമ്മൾ ഹൃദ്രോഗം അവസാനിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ ഹൃദ്രോഗത്തെ കുറിച്ച് വളരെ പരിമിതമായ കുറെ കാര്യങ്ങൾ ആയുർവേദ സമ്പത്തികളായി ഉള്ളവയിൽ നിന്ന് നമ്മൾ കാണുകയുണ്ട് വളരെ വിപുലങ്ങളായ സജ്ഞകള് പിന്നീട് നിങ്ങൾക്ക് റെഫർ ചെയ്ത് പഠിക്കാവുന്നതാണ് രണ്ടാമതും സംഘാടകർ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു മഹാരോഗത്തെയല്ല ആയുർവേദം മഹാരോഗങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടില്ലാത്ത അർബുദം ക്യാൻസറിനെയാണ് രണ്ടാമത് സംഘാടകർ ആവശ്യപ്പെടുന്നത് ക്യാൻസറിനെ കുറിച്ചുള്ള ഇന്നത്തെ നിലയും പൗരാണിക നിലയും തമ്മിൽ ഒരുപാട് അന്തരമാണ് ക്യാൻസർ വളരെയധികം വ്യാപിച്ചു വരുന്ന കാലമാണ് ക്യാൻസറിനെ പഠനങ്ങളൊക്കെ പരിമിത പരിമാണത്തിലാണ് കഴിഞ്ഞ കാലഘട്ടം വരെ നിലകൊണ്ടത് എന്നതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളൊക്കെ ധാരാളമായി വരികയാണ് വേണ്ടത്ര പഠനങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യശാസ്ത്രം ക്യാൻസർ ചികിത്സ ആരംഭിച്ചു എന്നുള്ളത് ചികിത്സാരംഗത്തെ പ്രത്യേകതയാണ് ഒരളവ് വരെ വൈദ്യശാസ്ത്രം ശാസ്ത്രീയമായി ക്യാൻസറിന്റെ പ്രോഗ്നോസിസും ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും അത് ഇൻ വിവോയിലും ഇൻ വിട്രോയിലും പഠിച്ചു കഴിയുന്നതിന് മുമ്പ് തന്നെ ആഗോള അടിസ്ഥാനത്തിൽ ചികിത്സയെ വികസിപ്പിച്ചു ഈ രോഗത്തെ പഠിക്കുമ്പോൾ പ്രത്യേകത ഇത് വളരെ വിസ്തൃതമായി ഇന്നും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ് പല രാജ്യങ്ങളിലും നാടുകളിലൂടെ വികസിച്ച ശാസ്ത്രീയമെന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്നലെ ശാസ്ത്രീയമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വളരെ ദൂരെയാണ് അതുകൊണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ തന്നെ ഈ ചികിത്സാരീതിക്ക് ആഗോളാടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ഒട്ടേറെ വ്യത്യാസങ്ങളുണ്ട് വികസിത രാജ്യങ്ങളിലെ ചികിത്സ വികസ്വര രാജ്യങ്ങളിലെ ചികിത്സ അവികസിത രാജ്യങ്ങളിലെ ചികിത്സ ഇവയ്ക്കൊക്കെ തമ്മിൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഭിന്നതകളും ഒരിടത്ത് അരുതെന്ന് നിർബന്ധിക്കുന്നതാണ് പേരിടത്ത് ശാസ്ത്ര സത്യമായി സ്വീകരിച്ചു വരുന്നത് പോലും ഒരൈകരൂപ്യം ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു നമുക്കേതായാലും ഈ രോഗത്തെ അതിന്റെ പ്രാചീന തലങ്ങളിൽ നിന്ന് മുതൽ ചിന്തിക്കാം അതിന് മദ്രാസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൃഷ്ണമൂർത്തിയുടെ ഒരു തലവാചകത്തോടെ നമുക്ക് തുടങ്ങുകയും ചെയ്യും എഴുതി എടുക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിർത്തി പറയാം ഇറ്റ് it's a recognition as an entity goes by two it's a recognition as an entity goes by two the days of the mayas and greeks and i am surprised and i am surprised to find that in the vedas a principle of treatment a principle of treatment had been enunciated for what type of cancer one type of cancer which we use even today which we use even today ordinary pain disease this we use even today only we can find a way need to notice that it is telling about the correction cancer is a disease as old as history israka krishna satan entity goes by to the days of the vedas and the greeks vedas and the greeks And I am surprised to find that in the Vedas. The principle of treatment has been enunciated for one type of cancer which we use even today. Only in a fine way. Charithra tholam pađakkam ulladhaana cancer rogam. Arbuda rogam. Charithra tholam pađakkam ulladhaana. Ennu Charithra maraviju o amam ulladhaana? അറിവ് നമുക്കുണ്ട് വേദങ്ങളുടെയും യവനന്മാരുടെയും കാലത്തോളം സ്വതന്ത്രമായ വ്യക്തിത്വം ഈ രോഗം നേടിയിരുന്നു നേടിയിരിക്കുന്നു ഒരുതരം ക്യാൻസറിന് ഒരുതരം അർബുദ ഉള്ള പരിഷ്കരിച്ച ചികിത്സാരീതിയുടെ പ്രാക്വൈപം വേദത്തിൽ കണ്ട് ഞാൻ അത്ഭുതപരതന്ത്രനായി ഇത്രയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാലത്തോളം ഗ്രീക്ക് ഇതിഹാസത്തോളം ഒക്കെ പഴക്കം ഉള്ളതാണ് അർബുദ ചരിത്രത്തിന്റെ ആരംഭകാലം മുതൽ ഇതിനെ റെഫറൻസ് ഗ്രന്ഥങ്ങളിലുണ്ട് ഇന്ന് നാം വളരെ പരിഷ്കരിച്ച ഒരു ചികിത്സാരീതി അതിൻ്റെ പ്രാക്രൂപത്തിൽ ഒരു പ്രത്യേകതരം ക്യാൻസറിന് ചികിത്സയായി വിധിക്കുന്നത് വേദത്തിൽ കണ്ട് ഞാൻ അത്ഭുത ഇത്രയാണ് കൃഷ്ണമൂർത്തി രേഖപ്പെടുത്തിയിട്ടുള്ളത് മദ്രാസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രസിദ്ധ വിശ്വകൂരനാണ് അദ്ദേഹം കൊട്ടേഷനും കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അടക്കാം അത് കൽക്കട്ടയിൽ നിന്നുള്ള സുബോധമിത്രയുടെ അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു വിഷകൂലനാണ് അദ്ദേഹം ദ വെൽ നോൺ കർക്കടക രോഗ മെൻഷൻഡ് ഇൻ അവർ ആയുർവേദിക് ലിറ്ററേച്ചർ ഇസ് ദ സെയിം ഡിസീസ് വിച്ച് ad present age goes by the name of cancer. പക്ഷെ നമ്മക്കിന്ന് പ്രിൻഡൈ കാണുന്ന സാധാരണ ഗ്രന്ഥങ്ങളിൽ ഒരു പദം കാണാനില്ല. അസ്ഥി കർകടകമെന്ന രോഗത്തെ കുറിച്ച് പ്രാചീന ഗ്രന്ഥകളിൽ ചിലതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ വാഗ്ഭടൻദയ മറ്റുള്ളവരുടെ ഉസ്താവൊക്കെ എടുത്താൽ വിദ്രധി ഗ്രന്ധി അർബുദം ഇങ്ങനെയുള്ള ശരഹസ്ത സ്ഥന വിദ്രധി ഇങ്ങനെയുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഉദരം മുതലായ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരുപാട് രോഗങ്ങൾ അവയിലൊക്കെ പരന്നു കിടക്കുന്നതാണ് എന്ന് ക്യാൻസറിനെ കുറിച്ചുള്ള പഠനങ്ങൾ അതുകൊണ്ട് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നിന്ന് സമഗ്രമായി പഠിക്കാനൊഴുകുമ്പോൾ ഇതിനൊരു മഹാരോഗത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തി പ്രത്യേകമായി കാണുന്ന രോഗമല്ല യുർവേദത്തിലുള്ളത് അതിന്റെ കാരണങ്ങളിലേക്ക് കടന്നുപോയാൽ പലപ്പോഴും രോഗം മാറാവുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ് സുബോധമിത്രയുടെ അഭിപ്രായത്തിൽ ആയുർവേദിക് ലിറ്ററേച്ചർ എഴുതുന്നുണ്ടെങ്കിൽ mentioned in our ayurvedic literature is the same disease which at present at the percentage which at the percentage goes by the name of cancer ayurveda granthalil karkadaga rogam annu parayettittulla prasiddhamaya rogam thanneyanu ikkalathu cancer alla vereylla ariyappadunadu സുബോധ മിത്രയുടെ അഭിപ്രായം ഈ രണ്ടഭിപ്രായങ്ങൾ ഇതിന്റെ പ്രാചീനതയെ വെളിവാക്കുന്നതാണ് കാരണം പഠിക്കാൻ തുടങ്ങുമ്പോ ഇപ്പോ ഒരു രോഗമുണ്ടായി ആ രോഗത്തിനിപ്പോൾ പുതുതായി കണ്ടുപിടിക്കുന്നു പൗരാണിക രീതിയിൽ മരുന്നുകൾ അങ്ങനൊന്നില്ല ക്യാൻസറിന്റെ പഠനങ്ങളിലേക്ക് കടന്നു പോകുമ്പോ ആയുർവേദത്തിൽ ഇതിനൊരു പ്രത്യേക വ്യക്തിത്വം ലഭിച്ചിട്ടില്ല അന്നും ഇന്നും ലുഖീമിയ വിഭാഗത്തിൽപ്പെട്ട എ എം എൽ എം ഒക്കെ സി വിഭാഗങ്ങളൊക്കെ അതിൻ്റെ വ്യത്യസ്ത സ്റ്റേജുകളോട് കൂടിയത് നിദാനാദികളിൽ നിന്ന് മാത്രമേ ആയുർവേദത്തിൽ ലഭിക്കൂ കാരണം രക്തത്തെ കുറിച്ചുള്ള വളരെ നിഷ്കർഷയോടുകൂടിയ പഠനങ്ങൾ ശുശ്രുതന്റെ കാലം മുതലുണ്ട് വേദങ്ങളിലുണ്ട് അതിനു മുമ്പ് വൃദ്ധാജീവകീയത്തിലുണ്ട് രക്താണുങ്ങളെയും മറ്റും വകതിരിച്ചുള്ള പഠനങ്ങൾ ആയുർവേദ സമ്പത്തി എന്ന് പറയാൻ അത്ര പറ്റാത്ത കാമസൂത്രാദികളിൽ വരെയുണ്ട് ധാതുക്കളുടെ പരിണാമങ്ങളൊക്കെ പറയുമ്പോ അപാത എന്ന് തുടങ്ങി കിഞ്ചി തദർശന എന്ന് പറയ മത്സ്യായനം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപാധകളാണ് രക്താണുക്കൾ വൃത്താകാരത്തിലുള്ളവയാണ് രക്താണുക്കൾ ചെമ്പിന്റെ നിറമുള്ളതാണ് അതിൽ ചിലത് ചിലത് വൃത്താകാരം ചിലത് ചെമ്പിന്റെ നിറം ചിലത് കാലില്ലാത്തവ നഗ്നം കൊണ്ട് കാണാൻ പറ്റാത്തവ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കാമസൂത്രത്തിൽ നിന്നാണ് പോകിയത് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നിന്നല്ല വളരെ പഴയ കാലത്ത് ഏതുപകരണം കൊണ്ടാണ് രക്താണുക്കളെയൊക്കെ കണ്ടെത്തിയത് എന്ന് നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചാൽ എനിക്ക് ഉത്തരവൊന്നും പറയാനില്ല ആ ഉപകരണങ്ങളൊന്നും ഇന്ന് കാണാത്തത് കൊണ്ട് അന്ന് അങ്ങനെ ഒരു കണ്ടുപിടുത്തം ഇല്ല എന്ന് തീരുമാനിക്കുക ആ തീരുമാനത്തോടെനിക്ക് യോജിപ്പാണ് വിരോധമൊന്നുമില്ല പക്ഷേ ആ തീരുമാനം നമ്മളെ അവസാനം കൊണ്ട് എത്തിക്കുന്നതൊരു അപകടത്തിലാണ് ഏതൊരു ശാസ്ത്രവും ഒരു ദിവസം കൊണ്ടുണ്ടായി വരുന്നതല്ല മാത്രവുമല്ല ആധുനികമായ കണ്ടെത്തലുകളൊന്നും കണ്ടുപിടിക്കുവാനുള്ളൊരു സാഹചര്യത്തിലല്ല മനുഷ്യൻ ജീവിക്കുന്നത് ബൗദ്ധിക നിഗമനങ്ങൾക്ക് മാത്രമുള്ള ബൗദ്ധിക സർജനത്തിലാണ് ആധുനികൻ ജീവിക്കുന്നത് പൗരാണികൻ്റെ കണ്ടെത്തലിന് പാരമ്പര്യ ജനിതകങ്ങളോടൊപ്പം പാരമ്പര്യമായ അറിവും ഉണ്ടായിരുന്നു നെ കണ്ടുപിടിക്കുവാൻ അറിവിന്റെ പാരമ്പര്യം ഹനിച്ചിട്ടാണ് തുടങ്ങുന്നത് അതുകൊണ്ട് എല്ലാ രംഗത്തും കോപ്പി അടിക്കുകയല്ലാതെ കണ്ടെത്താൻ പറ്റുമെന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ എത്ര കണ്ടും നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് തന്നെ എനിക്കറിയില്ല ഒരു കത്തെഴുതുന്നത് പോലും ഓഫീസിലിരുന്ന് ഒരു കത്തെഴുതുന്നത് പോലും ആ സമയത്ത് സ്വന്തമായ മനസ്സിന്റെ നിലയിൽ എഴുതാൻ അറിയാത്തവരാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഓഫീസേഴ്സും ഡിക്റ്റെയ്യുന്നതിന് മുമ്പ് അതേ തരത്തിൽ മുമ്പ് എഴുതിയൊരു കത്ത് എടുത്തുകൊണ്ടുവന്നിട്ട് നോക്കി അതിനനുഗുണമായി ഡിക്റ്റേറ്റ് ചെയ്യുകയാണ് പ്രസന്റിന് അനുഗുണമായി അതിലെ വേർഡ്സ് മാറ്റി ഡിക്റ്റേറ്റ് ചെയ്യുകയാണ് മികവാരും പന്ത്രാവെന്നാണ് എൻ്റെ വിശ്വാസം എതിർപ്പുണ്ടെങ്കിൽ പറയാ അഡ്മിനിസ്ട്രേറ്റീവ് രംഗങ്ങളിൽ പോലും പലപ്പോഴും ഇങ്ങനെയാണ് സ്വതന്ത്ര വ്യക്തിത്വമുള്ള കത്തുകൾ തന്നെ അതുകൊണ്ട് അന്താരാഷ്ട്ര മണ്ഡലങ്ങളിലോ അന്തർ സംസ്ഥാന മണ്ഡലങ്ങളിലോ വസായ മണ്ഡലങ്ങളിലോ ഇന്റർ നാഷണൽ റിലേഷൻസ് ഇന്റർ സ്റ്റേറ്റ് റിലേഷൻസ് തുടങ്ങിയ രംഗങ്ങളിൽ പോകട്ടെ സാധാരണ ഉള്ളതിൽ തന്നെ ഉള്ള കൊടുക്കവാങ്ങലിൽ പോലും ഇങ്ങനെയാണ് കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അറിവിന്റെ പഴയ പുസ്തകങ്ങളെ ഞങ്ങള് സ്വാമിജിമാർ പോലും എന്നെ ഉൾപ്പെടെയും കൂട്ടിയാ മതി മാറ്റി കൂട്ടുണ്ട പോലും ശങ്കരാചാര്യരുടെയോ രാമാനുജന്റെയോ മാധവന്റെയോ സായണന്റെയോ അത്രയൊക്കെ പ്രൗഢമായത് വായിച്ചാൽ തലച്ചോറ് ഉൾക്കൊള്ളുകയില്ലെങ്കിൽ അതിൽ നിന്ന് താഴെ വന്നവരുടെയോ പിന്നെ അതിൽ നിന്ന് പൊരുക്കിയെടുത്തവരുടെയോ ഇവരൊക്കെ പൊട്ടിച്ച പടക്കത്തിലെ പൊട്ടാത്ത സാധനം എടുത്തിട്ടാണ് ഞങ്ങൾ ഇന്ന് ഒരുമാതിരി സ്റ്റേജ് മാനേജ്മെന്റ് ചെയ്യുന്നത് സ്വതന്ത്രവും അപകടവും സ്വന്തവുമായ പഠനങ്ങൾ നന്നേ കുറവാണ് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ കുറെ അയഞ്ഞതാണ് ഒരു കൊല്ലന്റെ മകൻ ഒരു സ്രാപ്പിന്റെ തട്ടാന്റെ മകൻ അവന്റെ പാരമ്പര്യത്തിന്റെ അറിവ് അവന്റെ ജനരജത്തോട് ചേർത്ത് നിന്ന് അതിൽ അവന്റെ വ്യക്തിത്വത്തിലുള്ള പുതുമ കണ്ടുപിടിച്ചിരുന്ന കാലങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് സംഭാവന ഉണ്ടാക്കുന്നതും പേരുണ്ടാക്കുന്നതുമായിരുന്നു എങ്കിൽ തൽക്കാല ജീവിതം അതിനുള്ളൊരു തൊഴിലെന്നതിനപ്പുറം ഉപാസ്യത്തിൻ്റെയും ഉപാസനയുടെയും ഉപാസന ഫലത്തിന്റെയും ലോകങ്ങൾ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നിന്ന് വിട്ടുപോയി എന്നാണ് എൻ്റെ വിശ്വാസം ഇതൊക്കെ നിങ്ങൾ സമ്മതിക്കാൻ ഏതൊന്നിനെ ഉപാസിക്കുന്നുവോ ഉപാസന എന്ത് എങ്ങനെ ചെയ്യുന്നുവോ അത് ഉപാസന ഉപാസിക്കുന്നവൻ ഉപാസന ഉപാസ്യം ഏതൊരു കാര്യം പഠിക്കാൻ പോകുമ്പോഴും അറിവിനാണ് പ്രാധാന്യം പഠിക്കാൻ പോകുന്നവനെ സംബന്ധിച്ച് അവൻ അറിവ് അറിയേണ്ട രീതി ഈ മൂന്നെണ്ണോ ഇത് അന്യമാക്കുന്ന ഒരു തൊഴിലിലേക്കുന്നം വെച്ചാണ് ഇന്ന് എല്ലാവരും പഠിക്കാനിറങ്ങുന്നത് ശരിയല്ല ശരിയല്ല അതിന് അത്യാവശ്യമുള്ളതൊക്കെ ഒന്ന് ഒപ്പിച്ചു വെക്കുക എന്നല്ലാതെ തൊഴിലെന്ന നിലയിലാണ് ഒരമ്മ വീട്ടിൽ നിന്ന് മക്കൾക്കും ഭർത്താവിനും ഒക്കെ മറ്റു ജോലിയില്ലാത്ത അമ്മയാണെങ്കിൽ കഞ്ഞിവെച്ചു കൊടുക്കുന്നത് പോലും മുമ്പ് അതൊരു ഉപാസന പോലെയാണ് നാലുമണി ആവുമ്പോഴേക്ക് കുഞ്ഞു വരുമ്പോ കൊടുത്താലാണ് അവന്റെ കോശങ്ങൾ ഉണരുന്നത് ഏതുകൊണ്ടാണ് അവന്റെ ഓർമ്മ കൂടുന്നത് ഏതുകൊണ്ടാണ് അവനൊരു പാരസ്പര്യം ഉണ്ടാകുന്നത് ഏതൊന്നുകൊണ്ടാണ് അവൻ സൗമ്യനായിരിക്കുന്നത് ഏതൊന്ന് കൊടുത്താലാണ് ശീലിപ്പിച്ചാലാണ് അവൻ്റെ നാവുകളിലെ നൊടിയൂടിനെ കെട്ടിയിടാൻ കഴിഞ്ഞ് അവന് പുറത്തു പോകുമ്പോൾ അയൽപക്കത്തെ വീട്ടിലെ ആഹാരവും ഹോട്ടലിലെ ആഹാരവും ഇഷ്ടപ്പെടാതെ അവിടെ കയറുമ്പോൾ അവന് വെറുപ്പുളവാക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പഴയ ഒരു അമ്മയ്ക്ക് ഉപാസന ഉണ്ടായിരുന്നു അതുകൊണ്ട് ഹോട്ടലുകാരൊക്കെ വെള്ളത്തിലായിരുന്നു നല്ലൊരു അമ്മ നല്ല രീതിയിൽ ആഹാരം പാചകം ചെയ്തു അതിന്റെ സ്വാദ് നാവിൽ ഇരിക്കുന്ന ഒരുത്തനും ഒരിക്കലും അതിനേക്കാൾ സ്വാദിഷ്ടമായി ലോകത്തൊരിടത്തു നിന്നും ഒരാളിൽ നിന്നും ഒരു കടയിൽ നിന്നും ഭക്ഷണം കിട്ടില്ല ഞാൻ പറയുന്ന നിനക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമാണ് അതുകൊണ്ട് പഴയ കാലത്ത് വ്യവസായമായി തുടങ്ങിയാൽ നാലു മാസം കൊണ്ട് ആരെങ്കിലുമൊക്കെ തൊഴിലില്ലാ കമ്പനികൾ കയറി കടവും വാങ്ങിച്ച് കഴിച്ച് അവസാനം കാശ് കിട്ടാതെ ഒടുവിൽ അത് പിരിക്കാൻ വേണ്ടി ഒരു നമ്പർ വസ്തുവും വിറ്റ് വീണ്ടും കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരുന്ന് ഒടുവിൽ ഇവൻ പരിപാടി നടത്തി വീട്ടിൽ പോകുന്നതായിരുന്നു പഴയ കാലത്തെ കച്ചവടമെങ്കിൽ ഇപ്പൊ കച്ചവടം കൊഴുത്തു വരികയാണ് ഇപ്പൊ കടമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം വീട്ടിൽ വെക്കാത്തെയാണ് കടയിലേക്കില്ലെന്ന് അപ്പൊ പിന്നെ അഡ്വാൻസ് കൊടുത്തിട്ട് കഴിക്കാൻ നിർബന്ധിതനാവും ശരിയല്ല വീട്ടിലെ ഇഷ്ടപ്പെടാതെയാണ് കഴിക്കാൻ ചെല്ലുന്നത് അപ്പോഴും കാശ് കൊടുത്ത് കഴിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും പണ്ട് വീട്ടിലേ കഴിച്ചു കഴിഞ്ഞൊരു രസത്തിന് പോയി വല്ലപ്പോഴും മേടിച്ചാൽ പറ്റരുതിയൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നീ പോരേ ഉള്ളൂ നിങ്ങൾ ജീവിക്കുന്നതും ഞാൻ ജീവിക്കുന്നതും രണ്ടു നാട്ടിലാണോ പോകുന്നു ഞാൻ പറഞ്ഞ ശരിയല്ല എന്റെ ഉദാഹരണങ്ങൾ ശരിയല്ല ഏ അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് വിദ്യാഭ്യാസത്തിന് പോകുന്ന ഒരു തൊഴിലെന്ന നിലയിലാണ് അതുകൊണ്ട് അറിവ് പരമാവധി കോപ്പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അത്ര വലിയ എടുത്തുചാട്ടത്തിന്റെ സാധ്യതകളൊക്കെ നന്നേ വിരളമാണ് തൊഴിലെന്ന നിലയിലുള്ളതിനപ്പുറം ഇതാണ് ആ രംഗത്തെ ഒരു രണ്ട് ശരീരത്തിന്റെ വ്യത്യസ്ത ധർമ്മങ്ങളെ പുലർത്തുന്ന അവയവങ്ങൾക്ക് സംഭവിക്കുന്ന കേടുപാടിന്റെ രീതിവിധാനത്തിന് സാദൃശ്യമുണ്ടായാൽ അവയെ ഒരു പട്ടികയിൽപ്പെടുത്തി ഔഷധകൽപ്പനയെ ചെയ്യുമ്പോൾ ആ ധർമ്മം എങ്ങനെ ബാധിക്കുന്നു എന്നത് ചിന്തിക്കാനുള്ള മസ്തിഷ്കം പോലും വ്യാവസായിക അടിസ്ഥാനത്തിൽ പുരോഗമിക്കുമ്പോൾ ഇന്നില്ല അത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല മനസ്സിലായില്ല വസ്തിയിൽ മൂത്രാശയത്തില് ഒരു കേടുപാട് വരുമ്പോൾ ലിവർ ലിയകൃത്തിൽ ഒരു കേടുണ്ടാവുമ്പോൾ ശ്വാസകോശത്തിൽ ലങ്സിൽ ഒരു കേടുണ്ടാകുമ്പോൾ മസ്തിഷ്കത്തിൽ ബ്രെയിനിൽ ഒരു കേടു വരുമ്പോൾ ഒരു കേടു അനാൽ പാർട്ടില് ഗുധത്തില് കേട് സംഭവിക്കുമ്പോൾ ഗ്രഹണിക്ക് കേടുണ്ടാകുമ്പോൾ ഡിവോടിനത്തിന് കേടു വരുമ്പോൾ എല്ലാം ഈഷ് അടുത്തു വരുന്ന പദങ്ങൾ ഇംഗ്ലീഷിലുള്ളതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എക്സാക്റ്റ് പറയാൻ പറ്റില്ല കാരണം ഭാഷയുടെ അന്തരമുണ്ട് കേടുവരുമ്പോൾ കണ്ട ഗോളകങ്ങളിൽ മലിഗ്ലൻസി അല്ലെങ്കിൽ കേടുണ്ടാവുമ്പോൾ തൈറോയിഡിൽ അഗ്മിയാശയത്തില് കേട് സംഭവിക്കുമ്പോൾ പിത്താശയത്തിൽ ഗാഡിൽ കേട് സംഭവിക്കുമ്പോൾ ആ അവയവങ്ങളുടെ ഘടന അതിലെ കോശങ്ങളുടെ വ്യതിയാനം കോശ കോശാന്തര ബന്ധത്തിൻ്റെ ഭാവതലങ്ങൾ ഇവയെ ഒന്നും പരിഗണിക്കാതെ ഈ വ്യത്യസ്തതകളെ ഈ അവയവങ്ങളുടെ കർമ്മപരമായ വ്യതിയാനങ്ങൾ പരിഗണിക്കാതെ ഒന്ന് വിലോമമാകുന്ന വിസർജന പ്രക്രിയ അനുലോമമാകുന്ന ഒരു വിസർജന പ്രക്രിയയാണ് തരുന്നതെങ്കിൽ മറ്റൊന്ന് വിനോമമാകുന്നൊരു ചർദന പ്രക്രിയയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മസ്തിഷ്കത്തെ തന്നെ എടുത്താൽ മസ്തിഷ്കമാണ് അതിന് ചേർന്നിരിക്കുന്ന ഹൈക്കോത്തനാമസ് ആണ് അതിനോട് അടുത്തിരിക്കുന്ന പിറ്റുലേറ്ററി ചേർന്നാണ് അത്ര യോജിച്ചാണ് നിങ്ങളുടെ മലമൂത്രാതി വിസർജനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നതെങ്കിൽ മലങ്കാരക്കയുടെ മണമടിക്കുകയോ മലങ്കാരക്കെ രൂപാന്തരപ്പെടുത്തിയെടുത്ത നിങ്ങൾ കഴിക്കുകയോ ചെയ്യുമ്പോൾ ുജന കേന്ദ്രത്തിൽ സെന്റർ അതും തൊട്ടടുത്തായിരിക്കുന്നത് അവിടെ നിങ്ങളെ ഛർദ്ദിപ്പിക്കുവാൻ അത് വിനോമമാണ് നേരെ എതിരാണ് പെരിസ്റ്റാലിസിന് വിപരീതമായ ആന്റി പെരിസ്റ്റാൾസിസ് ഉണ്ടാക്കിയാണ് ഛർദിപ്പിക്കുന്നത് അല്പം ഇന്ദുക്കും അല്പം തേരും കൂടെ യോജിപ്പിച്ച് ഒന്നിൻ്റെ ഉഷ്ണ സ്വഭാവവും മറ്റതിനെ വിഷാംശമാക്കി മാറ്റുമ്പോൾ ഛർദനത്തെ അത് കൂടുതലായി സഹായിക്കുന്നു അങ്ങനെ ഛർദിപ്പിക്കുവാൻ പറ്റുന്ന തരത്തിൽ രാസഛഛദ്യുജന കേന്ദ്രത്തെ ത്വരിപ്പിക്കുന്നത് ിയന്ത്രണ കേന്ദ്രത്തെ ത്വരിപ്പിക്കുന്നത് വേറെ കൊടുത്താൽ അവിടെ നിയന്ത്രണം ഉണ്ടാവും അപ്പൊ ധർമ്മപരമായി കർമ്മപരമായി എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്ന വെച്ചാൽ അങ്ങനെ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായത് ധർമ്മം അത് സ്ഥൂലമായി പ്രകടമാകുന്നത് കർമ്മം ഒരാളിലിരിക്കുന്ന ധർമ്മത്തെ അവലംബിച്ചാണ് അയാളിലെ കർമ്മം രൂപപ്പെടുന്നത് ഓരോ കോശത്തിനും അതിൻ്റെ സൂക്ഷ്മമായൊരു ധർമ്മവും ആ ധർമ്മത്തെ അർബുദമാക്കി ആ കോശത്തിനൊരു കർമ്മവും ഉണ്ടാവും അങ്ങനെ ഈ അവയവങ്ങളിലെല്ലാം ഞാൻ സൂചിപ്പിച്ച അവയവങ്ങൾ കൊണ്ട് തീർന്നില്ല എത്രയോ അവയവങ്ങളുടെ കൂട്ടായ്മയാണൊരു ശരീരം ആ വ്യത്യസ്ത ധർമ്മങ്ങളും വ്യത്യസ്ത കർമ്മങ്ങളും ഉള്ള ഈ അവയവങ്ങളിൽ ഉളവാകുന്ന ഒരു മുഴ ആ അവയവങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഋണം അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കീറൽ മലയാളത്തില് കീഴൽന്ന് അതിനെ പറയാമെന്ന് തോന്നുന്നു അതുകൊണ്ട് അതിനെ എക്സാക്ട് പദങ്ങൾ കിട്ടിയെന്ന് വരില്ല ഏറെക്കുറെ അടുത്തുകൂടെ പോകാൻ പറ്റുള്ളൂ ഭാഷയ്ക്ക് ആ പരിമിതിയുണ്ട് മനസ്സിലാകാത്തത് കൊണ്ട് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഭാഷ മനസ്സിലായിട്ടുള്ളൂ എൻ്റെ അറിവിന്റെ പരിമിതിയാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇങ്ങനെയല്ല ലക്ഷണങ്ങൾക്ക് സമാനത കണ്ടാൽ രോഗമെല്ലാം സമമാണെന്നഗമനത്തിൽ ഒരു ഔഷധത്തെ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ധർമ്മത്തെയും കർമ്മത്തെയും അതെങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ വികാസ പരിണാമങ്ങളിൽ ക്യാൻസർ എന്നത് ഒന്നുതന്നെയാണെന്ന പട്ടികയിൽപ്പെടുത്തി എല്ലാ അവയവങ്ങളിലും വരുന്ന ക്യാൻസറിനെല്ലാം ഒരേതരം ഔഷധത്തെ കൊടുക്കുന്ന ഒരു പ്രയോഗജാതുരിയിലേക്ക് അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കുന്നതിലേക്ക് അതിലെ ആ ക്യാൻസറസ് ആയിരിക്കുന്ന വ്രണമോ മുഴയോ ആ അതിവളർച്ചയെത്തിയ കോശങ്ങളോ നിർമ്മാർജ്ജനം ചെയ്യുവാനൊരു ഔഷധം സഹായകമായി എന്നതുകൊണ്ട് മാത്രം സമഗ്രമായ മാനവ പ്രകൃതിയിൽ നിന്നുകൊണ്ട് ചികിത്സയുണ്ടായി എന്ന് വിശ്വസിക്കേണ്ടി വരുന്ന വികസിച്ച പരിഷ്കൃതമായ ഒരു കാലഘട്ടം ക്യാൻസറിനെ ഒരു മഹാരോഗത്തിന്റെ പട്ടികയിൽ പെടുത്താതെ അത് രക്തത്തോട് ബന്ധപ്പെട്ടു വരുമ്പോൾ രക്തവികാരമായ പാണ്ഡുതയിൽപ്പെടുത്തി പാണ്ഡുതയുടെ വിവിധ ഭാഗങ്ങളിൽ വാതജമോ വിത്തജമോ കവചമോ സന്നിവാതജമോ സർവലക്ഷണയുക്തമോ ആയിക്കണ്ട് പ്രകൃതിയുടെ കാമലയുടെ പാണ്ഡുതയുടെ വ്യത്യസ്ത തലങ്ങളിൽ അതിനനുഗുണങ്ങളായ ലക്ഷണങ്ങളോട് ചേർത്തു വെച്ച് പഠിച്ച ഒരു പ്രാചീന തലം എന്ന് പറഞ്ഞാൽ പാണ്ഡുത കാമല പിത്തം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിന്റെ ക്ലാസ്സുകളിൽ ഇരുന്നവർക്ക് വല്ലതും മനസ്സിലാവും ബുദ്ധിയാളുകൾ ആകെ വിഷമിക്കുന്നു എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ വൈദ്യശാസ്ത്രവുമായ അവർക്ക് ബന്ധമുണ്ടാവണം പാണ്ഡു എന്ന് പറഞ്ഞാൽ അനീമിയ ആധുനിക ഭാഷയിൽ